അധ്യായം ഒന്ന് യോഥാം ആഹാസ് യഹിസ്കിയാവ് എന്നീ യഹൂദ രാജാക്കന്മാരുടെ കാലത്ത് മോരസ്ത്യനായ മീഖയ്ക്കുണ്ടായതും അവൻ ശമരിയെയും എരുശിലെമിനെയും കുറിച്ച് ദർശിച്ചതുമായ യഹോവയുടെ അരുളപ്പാട് സകല ജാതികളുമായുള്ളവരെ കേൾപ്പീൻ അതിലുള്ള സകലവുമായുള്ളവരെ ചെവിക്കോൾവീൻ യഹോവയായ കർത്താവ് തന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് കർത്താവ് തന്നെ നിങ്ങൾക്ക് വിരോധമായി സാക്ഷിയായിരിക്കട്ടെ യഹോവ തന്റെ സ്ഥലത്തുനിന്ന് പുറപ്പെട്ട് ഇറങ്ങി ഭൂമിയുടെ ഉന്നതികളിന്മേൽ നടകൊള്ളുന്നു തീയുടെ മുമ്പിൽ മെഴുക്ക് പോലെയും തൂക്കത്തിൽ ചാടുന്ന വെള്ളം പോലെയും പർവ്വതങ്ങൾ അവന്റെ കീഴിൽ ഉരുകയും താഴ്വരകൾ പിളർന്നു പോകുകയും ചെയ്യുന്നു ഇതൊക്കെയും യാക്കോബിന്റെ അതിക്രമം നിമിത്തവും ഇസ്രയേൽ ഗ്രഹത്തിന്റെ പാപങ്ങൾ നിമിത്തവുമാകുന്നു യാക്കോബിന്റെ അതിക്രമം എന്ത് ശമരിയല്ലയോ യഹൂദയുടെ പൂജാഗിരികൾ ഏവ യെരുശലേം അല്ലയോ അതുകൊണ്ട് ഞാൻ ശമരിയെ വയലിലെ കൽക്കുന്നു പോലെയും മുന്തിരിത്തോട്ടത്തിലെ നടുതല പോലെയും ആക്കും ഞാൻ അതിന്റെ കല്ല് താഴ്വരയിലേക്ക് തള്ളിയിടുകയും അതിന്റെ അടിസ്ഥാനങ്ങളെ അനാവൃതമാക്കുകയും ചെയ്യും അതിലെ സകല വിഗ്രഹങ്ങളും തകർന്നു പോകും അതിന്റെ സകല വേശ്യാസമ്മാനങ്ങളും തീപിടിച്ച് വെന്തുപോകും അതിലെ സകല ബിംബങ്ങളെയും ഞാൻ ശൂന്യമാക്കും വേശ്യാസമ്മാനം കൊണ്ടല്ലോ അവളത് സ്വരൂപിച്ചത് അവ വീണ്ടും വേശ്യാ സമ്മാനമായി തീരും അതുകൊണ്ട് ഞാൻ വിലപിച്ച് മുറയിടും ഞാൻ ചെരിപ്പില്ലാത്തവനും നഗ്നനുമായി നടക്കും ഞാൻ കുറുനരികളെപ്പോലെ വിലപിച്ച് ഒട്ടകപ്പക്ഷികളെപ്പോലെ കരയും അവളുടെ മുറിവ് പൊറുക്കാത്തതല്ലോ അത് യഹൂദയോളം പരന്നു എന്റെ ജനത്തിന്റെ ഗോപുരമായ എരുശിലേമിനോളം എത്തിയിരിക്കുന്നു അത് ഗിൽ പ്രസ്താവിക്കരുത് ഒട്ടും കരയരുത് ബ്രൽ പൊടിവീട് ഞാൻ പൊടിയിൽ ഉരുണ്ടിരിക്കുന്നു ഷാഫീർ അലങ്കാര നഗരനിവാസികളെ ലജ്ജയും നഗ്നതയും പൂണ്ട് കടന്നുപോകുവാൻ സയനാൻ പുറപ്പാട് എസ് എൻ വിലാപം നിങ്ങൾക്ക് അവടെ താമസിപ്പാൻ മുടക്കമാകും ഈ ഹോവയുടെ പക്കൽ നിന്ന് എരുശലേം ഗോപുരത്തിങ്കൽ തിന്മ ഇറങ്ങിയിരിക്കിയാൽ മാരോത്ത് കൈപ്പ് നിവാസികൾ നന്മയ്ക്കായി കാത്ത് പിടയ്ക്കുന്നു ലക്കീഷ് ത്വരിത നഗരനിവാസികളെ തുരകങ്ങളെ രഥത്തിന് കെട്ടുവീൺ അവർ സിയോൻ പുത്രിക്ക് പാപകാരണമായി തീർന്നു േലിന്റെ അതിക്രമങ്ങൾ നിന്നിൽ കണ്ടിരിക്കുന്നു അതുകൊണ്ട് നീ മോരേശത്തിന് ഉപേക്ഷണ സമ്മാനം കൊടുക്കേണ്ടി വരും ബേത്ത് അക്സീബിലെ വ്യാജഗ്രഹം വീടുകൾ ഇസ്രയേൽ രാജാക്കന്മാർക്ക് ആശാഭംഗമായി ഭവിക്കും മാരേഷ കൈവശം നിവാസികളെ കൈവശമാക്കുന്ന ഞാൻ നിങ്ങളുടെ നേരെ വരുത്തും േലിന്റെ മഹത്തുക്കൾ അതുല്ലാമോളം ചെല്ലേണ്ടിവരും നിന്റെ ഓമനക്കുഞ്ഞുങ്ങൾ നിമിത്തം നിന്നെ തന്നെ ക്ഷൌരം ചെയ്ത് മൊട്ടയാക്കുക കഴുകനെപ്പോലെ നിന്റെ കഷണ്ടിയെ വിസ്താരമാക്കുക അവർ നിന്നെ വിട്ട് പ്രവാസത്തിലേക്ക് പോയല്ലോ